തൻറെ കാരുണ്യത്തിനു മുന്നോടിയായി സന്തോഷവാർത്തയായി കാറ്റുകളെ അയക്കുന്നത് അവനാണ് അത് കനത്ത മേഘങ്ങൾ വഹിച്ചുകൊണ്ടുവരുമ്പോൾ നാം അതിനെ ജീവനില്ലാത്തൊരു നാട്ടിലേക്ക് നയിക്കുകയും വെള്ളം വർഷിപ്പിക്കുകയും ചെയ്യുന്നു അതിലൂടെ എല്ലാ ഫലങ്ങളും നാം പുറപ്പെടുവിക്കുന്നു നിങ്ങൾ ഓർക്കുവാനായി മരിച്ചവരെ നാം ഇപ്രകാരം പുറപ്പെടുവിക്കും